കഴിവുള്ളവൻ തൻറെ കഴിവനുസരിച്ച് ചെലവഴിക്കട്ടെ ആരുടെ ഉപജീവനമാണോ പരിമിതപ്പെട്ടിരിക്കുന്നത് അവൻ അള്ളാഹുസുബഹാനുഹൂവത്താള തന്നതിൽ നിന്ന് ചെലവഴിക്കട്ടെ അള്ളാഹു സുബഹാനുഹൂവത്താള ഒരാളും തനിക്ക് നൽകിയതിനേക്കാൾ കൂടുതൽ ഭാരപ്പെടുത്തുകയില്ല തീർച്ചയായും അള്ളാഹുസുബാനുഹൂവത്താള പ്രയാസത്തിനുശേഷം എളുപ്പമുണ്ടാക്കിക്കൊടുക്കും